അള്ളാഹു സുബഹാനഹുവച്ച ആലയുടെ ഖജനാവുകൾ എന്റെ പക്കലുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല ഞാൻ അദൃശ്യകാര്യങ്ങൾ അറിയുന്നുവെന്നും പറയുന്നില്ല ഞാനൊരു മലക്കിനാണെന്നും പറയുന്നില്ല നിങ്ങളുടെ കണ്ണുകൾ പുച്ഛത്തോടെ നോക്കുന്നവർക്ക് അള്ളാഹു സുബഹാനഹു വച്ച ഒരിക്കലും നന്മ നൽകില്ലെന്നും ഞാൻ പറയുന്നില്ല അവരുടെ മനസ്സിലുള്ളത് അള്ളാഹു സുബഹാനഹുവച്ച ആല ആണ് ഏറ്റവും നന്നായി അറിയുന്നത് അങ്ങനെ പറഞ്ഞാൽ തീർച്ചയായും ഞാൻ അക്രമികളിൽപ്പെട്ടവനാകും